ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായത്തിൽ നിന്ന് നമ്മൾ ഇന്ന് പഠിക്കുമ്പോൾ ഈ അധ്യായത്തില് പ്രശസ്തമായ മൂന്ന് ഉപമകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ മൂന്ന് ഉപമകൾ രേഖപ്പെടുത്തിയിട്ടുള്ളപ്പോൾ അതിലെ രണ്ടെണ്ണം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രമാണ് നമ്മൾ കാണുന്നത് ഇതിൽ ഒന്നാമത്തെ ഉപമ എന്ന് പറയുന്നത് ഒരു ആട് നഷ്ടപ്പെട്ടു പോയ ഇടയൻ തൊണ്ണൂറ്റൊൻപത് തൻ്റെ ആടുകളെയും വിട്ടേച്ച് കാണാതെ പോയ ഒരാടിനെ തേടി നടക്കുന്നതും അതിനെ കണ്ടുകിട്ടിയപ്പോൾ സന്തോഷിച്ച് അതിനെയും കൊണ്ട് വന്നതും ആ ഒരു ഉപമയാണ് ഒന്നാമത് കാണുന്നത് അതിൻ്റെ നാലാമത്തെ വാക്യം മുതൽ നാലാമത്തെ വാക്യം മുതൽ അതിൻ്റെ ഏഴാമത്തെ വാക്യം വരെ ആ കാര്യമാണ് നമ്മൾ കാണുന്നത് രണ്ടാമത്തെ ഉപമയെന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് പത്ത് ദ്രമ്യുണ്ടായിരുന്നു അതിലൊന്നു കാണാതെ പോയി കാണാതെ പോയത് എന്നെക്കുറിച്ച് അവൾ താല്പര്യപ്പെട്ട് അത് കണ്ടെത്താനായിട്ട് വിളക്ക് കത്തിച്ച് സൂക്ഷ്മത്തോടെ അന്വേഷിച്ചു കണ്ടുകിട്ടിയപ്പോൾ അതിനെക്കുറിച്ച് സന്തോഷിക്കുന്നു മൂന്നാമത്തേത് ഉപമെന്ന് പറയുന്നത് അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം മുതൽ ആ അധ്യായം തീരുന്ന മുപ്പത്തിരണ്ട് വരെയുള്ള മുടിയൻ പുത്രൻ്റെ അല്ലെങ്കിൽ തൂർത്തപുത്രന്റെ ഉപമ എന്ന് പറയുന്ന ആ ഉപമയാണ് ഈ മൂന്ന് ഉപമകളിൽ ഇതായി പത്ത് ദ്രഹ്മയുടെ ആ ഉപമയായാലും അതുപോലെ തന്നെ ഈ തൂർത്തപുത്രന്റെ ഉപമയായാലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രമാണ് നമ്മൾ കാണുന്നത് ആദ്യത്തെ കാണാതെ പോയ ആടിനെ അന്വേഷിച്ച് ഇടയൻ പോയ ആ ഒരു ഉപമ മത്തായിയുടെ സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായം അവിടെ രണ്ട് വാക്യങ്ങളിൽ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിൽ വളരെ വേഗത്തിലൊന്ന് പറഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതൊഴിച്ചാൽ ഈ മൂന്നുപമകളും ഒരേ വിഷയത്തെക്കുറിച്ച് വളരെ കൃത്യതയോടെ രേഖപ്പെടുത്തിയിരിക്കുന്ന അധ്യായം പറയുന്നത് ലൂക്കോസ് പതിനഞ്ചാണ് ഇവിടെ ഈ മൂന്ന് ഉപമകളും ഒരൊറ്റ വിഷയത്തിൽ ഊന്നിയാണ് പറഞ്ഞിട്ടുള്ളത് അതിനെന്താ കാരണം അതിൻ്റെ കാരണം അതിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് പതിനഞ്ചാമത്തെ അധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ നോക്കുക ചുങ്കക്കാരും പാപികളും എല്ലാം യേശുവിൻ്റെ വചനം കേൾപ്പാൻ അവൻ്റെ അടുക്കൽ വന്നു ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നു എന്ന പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പെറുപുറുത്തു അവരോട് അവൻ ഈ ഉപമ പറഞ്ഞു എന്ന് പറഞ്ഞാണ് ലൂക്കോസ ഈ മൂന്നുപമകൾ ഒന്നിന് പിറകെ ഒന്നായിട്ട് ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നത് അപ്പോൾ നോക്കുക യേശുവിൻ്റെ അടുത്ത് വന്ന കൂട്ടത്തിൽ ചുങ്കക്കാരും പാവികളും പ്രകടമായി തന്നെ തെറ്റുകാരാണവർ അവരെ സംബന്ധിച്ച് ദൈവം നോക്കുന്ന ഏറ്റവും പോസിറ്റീവായ കാര്യം എന്തെന്ന് വെച്ചാൽ അവർക്ക് തങ്ങൾ തന്നെ പാവികളാണെന്നും തെറ്റുകാരാണെന്നും കർത്താവിൻ്റെ കരുണ ആവശ്യമുള്ളവരാണെന്നും രക്ഷ ബോധ്യം അവർക്കുണ്ടായിരുന്നു ഒരു സ്വയം അവർക്കുണ്ടായിരുന്നില്ല ഒരു പ്രശംസ ആ എന്നാൽ അതിൻ്റെ മറു വശത്താണ് പരീശന്മാരും ശാസ്ത്രിമാരും നിൽക്കുന്നത് പരീക്ഷന്മാരുടെയും ശാസ്ത്രിമാരുടെയും പ്രത്യേകത എന്താ അവർക്ക് തങ്ങൾ തന്നെ വലിയ ആത്മീയരാണ് ഒരു ചിന്തയുണ്ടായിരുന്നു അതുപോലെ തന്നെ അവർ സ്വയം നീതീകരണക്കാരായിരുന്നു എന്നു മാത്രമല്ല ഈ പാവികളെയും ചുങ്കക്കാരെയും അവരെ തരംതാണ ആളുകളായിട്ട് കണ്ട് തങ്ങളേക്കാൾ മോശപ്പെട്ട ആളുകളായിട്ട് കാണുകയും അവരൊന്നും ദൈവരാജ്യത്തിൽ കിടക്കുകയില്ല എന്നവരെ വിധിച്ച് തള്ളുകയും ഒക്കെ ചെയ്ത ആളുകളാണ് അതുകൊണ്ട് തന്നെ ഈ കർത്താവിൻ്റെ പ്രസംഗം കേൾക്കാനും ആ സന്നിധിയിൽ ഈ പരീശന്മാരും ശാസ്ത്രിമാരും വന്നെങ്കിൽ പോലും സ്വന്തം ഒരു നീഡ് ഒരു ആവശ്യബോധം കൊണ്ട് അവർക്ക് പാപക്ഷമ വേണ്ട അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും നിലയിൽ ഈ ചുങ്കക്കാർക്കും ഭാവികൾക്കും ഉള്ളതുപോലെ കർത്താവിൽ നിന്നൊരു സ്വാന്ദ്വനം ആവശ്യമില്ല നല്ല വചനങ്ങളൊക്കെ കേൾക്കാം എന്നൊക്കെ ഉള്ള ചില താല്പര്യം കൊണ്ടാകാം അല്ലെങ്കിൽ കർത്താവ് ചെയ്യുന്ന അത്ഭുത കാണാം എന്നുള്ളത് കർത്താവ് വളരെ ധൈര്യത്തോടെ സംസാരിക്കുമ്പോൾ ആ ധീരത ഇഷ്ടപ്പെടുന്നത് കൊണ്ടാകാം അങ്ങനെ തങ്ങൾക്ക് ഈ പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിനെ കേൾക്കാൻ വന്നത് അതേസമയം ചുങ്കക്കാരും പാപികളും യേശുവിനെൻ്റെ അടുക്കലേക്ക് വന്നത് എന്തുകൊണ്ടാണ് അവരെ ആവശ്യക്കാരായിരുന്നു തങ്ങൾ തന്നെ പാപികളാണെന്നും തങ്ങൾ തന്നെ ദൈവരാജ്യത്തിൽ നിന്ന് ദൈവപുത്രനായ കർത്താവനെ തങ്ങൾക്ക് ആവശ്യമുണ്ടെന്നും ദൈവത്തിൻ്റെ കരുണയുടെ ഭാഗത്താണ് തങ്ങൾക്ക് നിൽക്കേണ്ടത് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടും വന്നുകൊണ്ടിരുന്നത് അപ്പൊ നോക്കുക കർത്താവിന്റെ ആ സദസ്സിൽ രണ്ട് തരത്തില് നമുക്ക് തിരിക്കാം ഒന്ന് ചുങ്കക്കാരും പാവികളും രണ്ട് പരീശന്മാരി ശാസ്ത്രിമാരും കർത്താവ് തീർച്ചയായിട്ടും ഇതിൽ ആവശ്യക്കാരുടെ പക്ഷത്തായിരുന്നു ചുങ്കക്കാരുടെയും പാവികളുടെയും കൂടെ എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഈ പരീശന്മാരി ശാസ്ത്രിമാരും ഈ കാര്യത്തില് കർത്താവിനെ കുറ്റപ്പെടുത്തുകയും പെറുപിറുക്കുകയും ചെയ്തു അതുകൊണ്ട് ആ ഒരു കാര്യം പറഞ്ഞിട്ടാണ് അവരോട് അവൻ ഈ ഉപമ പറഞ്ഞു എന്ന് പറഞ്ഞ് മൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ ഈ മൂന്ന് ഉപമകള് കർത്താവ് പറയുന്നത് ഈ മൂന്ന് ഉപമയിലും എന്താ നമ്മൾ കാണുന്നത് തൊണ്ണൂറ്റൊൻപത് ആടുകളുണ്ട് പക്ഷെ കാണാതെ പോയ ആടിനെയാണ് കർത്താവ് അന്വേഷിച്ചു പോയി കണ്ടെത്തി വീട്ടിലെ ആലയിലേക്ക് മടക്കി കൊണ്ടുവരുന്നതും അവ അതിനെ തുടർന്നാണ് അതുപോലെ ഒരു സ്ത്രീക്ക് പത്ത് ദ്രഹ്മ ഉണ്ടായിരുന്നു ഒൻപത് ദ്രമ്മയും ഭദ്രമായിരുന്നു എന്നാൽ കാണാതെ പോയ ഒരു ദ്രമ്യയെക്കുറിച്ചാണ് അവള് താല്പര്യപ്പെട്ട് അത് കണ്ടുകിട്ടും വരെയാണ് സൂക്ഷ്മത്തോടെ അന്വേഷിക്കുകയും ഒടുവിലത് കണ്ടു കിട്ടിയത് കൊണ്ടാണ് അവള് സന്തോഷിക്കുകയും ചെയ്തത് മൂന്നാമത്തെ ഉപമയിലേക്ക് വരുമ്പോൾ ഇവിടെ ഇതാ ഒരു പിതാവിന് രണ്ടു പുത്രന്മാരുണ്ടായിരുന്നു അതിൽ ഇളയപുത്രൻ അവൻ തെറ്റുകാരനായിരുന്നു തൂർത്തപുത്രൻ മുടിയൻ പുത്രൻ എന്നൊക്കെ വിളിക്കുന്ന അവൻ ഭാവിയായിട്ട് ജീവിച്ചു അന്യദേശത്ത് പോയി ഒടുവിൽ പിതാവിൻ്റെ കരുണയെ മാത്രം നമ്പി മടങ്ങി വന്നു ആ അവനും അവിടെയുണ്ട് അതേസമയം തന്നെ ആ ഇളയ ഈ ആവശ്യക്കാരനായ ആവശ്യക്കാരായ ചുങ്കക്കാരുടെയും പാവുകളുടെയും പ്രതിനിധിയായിട്ട് നിൽക്കുമ്പോൾ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും പ്രതിനിധിയായിട്ട് മറ്റൊരു കഥാപാത്രത്തെ കൂടെ കർത്താവ് ആ മൂന്നാമത്തെ ഉപമയിൽ കൊണ്ടുവരുന്നതുണ്ട് അതാ പിതാവിൻ്റെ മൂത്തപുത്രനാണ് അവനെന്താ അവൻ സ്വയന്യായീകരണക്കാരനാണ് അവന് തന്നെ തന്നെ ആ ഇളയപുത്രനോട് താരതമ്യം ചെയ്യുമ്പോൾ താനൊരു തെറ്റും ചെയ്യാത്തവനാണ് എന്നവൻ ചിന്തിക്കുന്നു അങ്ങനെയുള്ളവൻ പക്ഷെ ഇവിടെയെല്ലാം കർത്താവ് എന്ത് ചെയ്യുന്നു കർത്താവ് ഈ പ്രകടമായിട്ട് തന്നെ ആ ആവശ്യബോധമുള്ളവൻ്റെ കൂടെയായിരുന്നു നിന്നത് എന്നുള്ള കാര്യമാണ് ഒന്നിന് രണ്ടും ഉപമയിൽ പറയുന്നത് എന്നാൽ മൂന്നാമത്തെ ഉപമയിൽ അതിന് വേറൊരു മാനം കൂടെ നമ്മൾ കാണുന്നു അതായത് സ്വയനീതീകരണക്കാരനായിരുന്നു എങ്കിലും ആ മൂത്തപുത്രനും പിതാവിൻ്റെ പുത്രൻ തന്നെ അതുകൊണ്ട് അവനെ അന്വേഷിച്ചും അപ്പൻ പുറത്തു നോക്കുക പതിനഞ്ചിന്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം ഈ മൂത്തപുത്രനെ അന്വേഷിച്ചും അപ്പൻ പുറത്തു അവനോട് അപേക്ഷിക്കുന്നു അപ്പോൾ മൂത്തപുത്രനെയും തന്നെ കൈവിട്ട് കളഞ്ഞില്ല ചുങ്കക്കാർക്കും പാപികൾക്കും മാത്രമല്ല ഈ പരീശന്മാരും ശാസ്ത്രിമാരും അവരും അവർക്കും കർത്താവിൻ്റെ രക്ഷ കണ്ടെത്താനായിട്ട് കഴിയും അവരോടും തനിക്ക് മനസലിവുണ്ട് എന്ന ആ ഒരു കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് ഈ മൂന്നാമത്തെ ഉപമ അവസാനിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളിവിടെ നോക്കുക നമ്മളിവിടെ പറഞ്ഞത് ഈ മൂന്ന് ഉപമയില് മൂന്നുപമയില് ഈ പരീഷന്മാരും ശാസ്ത്രിമാരും ഒരു വശത്തും ചുങ്കക്കാരും പാപികളും മറുവശത്തും അങ്ങനെ ഉള്ള മൂന്ന് ഉപമകൾ നമ്മൾ കാണുന്നു കാണാതെ ആട് എന്ന് പറയുന്നത് ചുങ്കക്കാർക്കും പാപികൾക്കും നിഴലായിട്ട് നിൽക്കുന്നു കാണാതെ പോയ ചുങ്കക്കാർക്കും പാപികൾക്കും നിഴലായിട്ട് നിൽക്കുന്നു മുടിയൻ പുത്രൻ ചുങ്കക്കാർക്കും പാപികൾക്കും നിഴലായിട്ട് നിൽക്കുന്നു അങ്ങനെ രണ്ട് കൂട്ടര് ഇതിൻ്റെ അകത്തെല്ലാം ഈ മൂന്നുപമയിലും നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ദൈവം തൃത്വം മുഴുവൻ ത്രിയേക ദൈവം മുഴുവൻ ഈ മൂന്ന് ഉപമയിലും കാണുന്നുണ്ട് ഒന്നാമത്തെ ഉപമയിൽ കാണാതെ പോയ ആടിനെ തേടി ചെല്ലുന്ന നല്ലയിടയൻ കർത്താവായ യേശു നിഴലാണ് പുത്രൻ തമ്പുരാൻ്റെ നിഴലാണ് അതുപോലെ രണ്ടാമത്തെ ഏർ ആ കാണാതെ പോയ ആ ദ്രമയെ അന്വേഷിച്ച് വിളക്ക് കൊളുത്തി വിളക്കിന്റെ കൊളുത്തി ആ നിലയില് ആ സ്ത്രീ അവളൊരു സഭയുടെ നിഴലായിട്ട് നോക്ക കാണാം അങ്ങനെയുള്ള അവൾ അന്വേഷിക്കുമ്പോൾ അവിടെയെ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനമാണ് തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തിയാണ് ആ ദ്രഹ്മയുടെ ഉപമയിൽ പ്രകടമാകുന്നത് മൂന്നാമത്തെ ഉപമയിൽ അതായത് മുടിയൻപുത്രൻ്റെയും ആ ജ്യേഷ്ഠ പുത്രൻ്റെയും മൂത്തപുത്രന്റെയും അവരെ പിതാവിന്റെ സന്നിധിയിലേക്ക് മടക്കി കൊണ്ടുവരുന്ന ഉപമയിൽ അവിടെ ഇതാ തൃത്വത്തിലെ ഒന്നാമനായ പിതാവിനെ തന്നെയാണ് നമ്മളെ കാണുന്നത് അതുമാത്രമല്ല ഈ മൂന്ന് ഉപമയിലും പ്രകടമായിട്ട് ഉള്ള മറ്റൊരു കാര്യം മൂന്നിടത്തും അവരെ എല്ലാം നേടിക്കഴിയുമ്പോൾ സന്തോഷമാണുള്ളത് സന്തോഷമാണുള്ളത് ഏർ സ്വർഗം സന്തോഷിക്കുന്നു എന്ന് നമ്മളവിടെ കാണുന്നു നമ്മൾ സ്വർഗ് പതിനഞ്ചാമത്തെ അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ സ്വർഗത്തിലധികം സന്തോഷം ഉണ്ടാകും എന്ന് പറഞ്ഞിടത്ത് പുതിയ നിയമത്തില് മൂന്നിടത്തില് സ്വർഗം സന്തോഷിച്ചു എന്ന് പറഞ്ഞതിലെ ഒരു രംഗമാണ് ഈ പതിനഞ്ചിൻ്റെ ആ ഏഴാമത്തെ വാക്യം മറ്റ് രണ്ട് രംഗം എന്ന് പറയുന്നത് വെളിപ്പാട് പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ടാണ് അപവാദിയായ പിശാചിനെ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞിടമാണ് സ്വർഗം സന്തോഷിച്ചു എന്ന് പറയുന്ന ആ ഭാഗം അതുപോലെ വെളിപ്പാട് പത്തൊൻപതിൻ്റെ ഏഴില് കുഞ്ഞാടിൻ്റെ കല്യാണം വന്നല്ലോ എന്ന് പറയുന്നിടത്താണ് സ്വർഗം സന്തോഷിക്കുന്നത് നോക്കുക അപ്പം സ്വർഗത്തിന് സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യമാണ് പാപിയുടെ മാനസാന്തരം അല്ലെങ്കിൽ പിന്മാറ്റക്കാരൻ്റെ മടങ്ങിവരവ് എന്നുള്ള കാര്യം നമുക്ക് വലിയ ധൈര്യം തരുന്നു കർത്താവ് കൃപയുടെ വാതിൽ ഇപ്പോഴും തുറന്നിട്ടിരിക്കുന്നു നമ്മെ തേടി തൃത്വം മുഴുവൻ വരുന്നു പുത്രൻ വരുന്നു പരിശുദ്ധാത്മാവ് വരുന്നു പിതാവ് കാത്തു നിൽക്കുന്നു പ്രിയപ്പെട്ടവരെ സ്വർഗം മുഴുവൻ മാനസാന്തരപ്പെടുന്ന ഒരു പാപിക്കു വേണ്ടി അല്ലെങ്കിൽ മടങ്ങി ഒരു പിന്മാറ്റക്കാരന് വേണ്ടി സന്തോഷത്തോടെ ക്ഷമയോടെ കാത്തു നിൽക്കുന്നു എന്ന കാര്യം നമുക്ക് വലിയ ധൈര്യം നൽകുന്ന ഒന്നാണ് ലൂക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ നമ്മൾ കണ്ട മൂന്നുപമകളും ഒരു പാപിയുടെ മാനസാന്തരത്തെ കുറിക്കുന്നതാണ് എന്നാണ് സാധാരണ പറയാറുള്ളത് എന്നാൽ അതിന് മറ്റൊരു തരത്തിലും അതിനെ വ്യാഖ്യാനിക്കാറുണ്ട് അതായത് ദൈവസഭയിലായിരുന്ന ഒരാൾ പിന്മാറിപ്പോയിട്ട് മടങ്ങി വരുന്നതിൻ്റെ ആ ചിത്രമായിട്ടും ഈ മൂന്നുപമകളെയും നമുക്ക് കാണാനായിട്ട് കഴിയും കാരണം ഈ കാണാതെ പോയ ആട് മറ്റ് തൊണ്ണൂറ്റൊൻപത് ആടിനോടൊപ്പം ഇടേൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ് ആ കൂട്ടത്തിൽ നിന്നാണ് അത് വഴിതെറ്റി തന്നെ അലഞ്ഞു പോയത് ഇടയൻ മറ്റു തൊണ്ണൂറ്റൊൻപതിനെയും വിട്ടിട്ട് കാണാതെ പോയതിനെ തേടി എങ്കിലും ആ ആടിനെ തിരികെ ആലയിലേക്ക് തിരികെ കൊണ്ടുവന്നു എന്നുള്ളത് ശരിയാണെങ്കിലും ആ ആടെ നിന്നാണ് പോയത് ആലയിൽ നിന്നാണ് പോയത് അല്ലെങ്കിൽ സഭയിൽ നിന്നാണ് അത് നഷ്ടമായി പോയത് എന്ന് പറഞ്ഞതുപോലെ ഈ മുടിയൻ ആ മൂത്തപുത്രനും അവരെ വീട്ടിൽ തന്നെ വീടുമായിട്ടുള്ള ബന്ധത്തിലായിരുന്നു വീട്ടിൽ നിന്നാണ് മുടിയൻപുത്രൻ തൂർത്തപുത്രൻ വീട് വിട്ടുപോയത് അവൻ വീട്ടിലേക്കാണ് മടങ്ങി വരുന്നത് അപ്പം ആ വീടിനെ സഭയായിട്ട് ചിത്രീകരിച്ചാൽ ആ സഭയിൽ തന്നെയുള്ള രണ്ടുതരം ആളുകളാണ് ഒന്ന് വിട്ടുപോയി തീർത്തും പിന്മാറ്റക്കാരനായിരുന്നു അവിടെ നിന്നും മടങ്ങി വന്നു എന്നാൽ മറ്റേയാൾ സഭയിൽ തന്നെ തുടർന്നു വീട്ടിൽ തന്നെ തുടർന്നു ആ മൂത്തപുത്രൻ പക്ഷെ അവൻ എന്ത് എന്തായില്ല അവന് ഒരു ഉള്ളില് ഒരു അനുതാപമില്ലാതെ അവൻ സ്വയം ന്യായീകരണക്കാരനായിരുന്നു എങ്കിലും അവനും സഭയിൽ തന്നെ ഉള്ളവനാണ് അല്ലെങ്കിൽ സഭയിൽ നിന്ന് രണ്ട് തരത്തിൽ പിന്മാറിപ്പോയ ആളുകളുടെ പ്രതിനിധികളാണ് തൂർത്തപുത്രനും ഈ മൂത്തപുത്രനും കാണാൻ കഴിയും എന്ന് പറഞ്ഞതുപോലെ തന്നെ നഷ്ടമായ ദ്രഹ്മയുടെ ആ ഉപമയിലും നഷ്ടമായ ദ്രഹ്മ അന്വേഷിക്കുന്ന സ്ത്രീയെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു സഭയുടെ ചിത്രമാണ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം അവൾ വിളക്ക് കത്തിച്ച് ആ വീട് അടിച്ചു അത് കണ്ടെത്തും വരെ സൂക്ഷ്മമായി അന്വേഷിച്ചു ദ്രഹ്മ നഷ്ടപ്പെടുമ്പോൾ അവൾ അശ്രദ്ധയായ ഒരു സഭയായിരുന്നു അങ്ങനെയാണ് ഈ ദ്രഹ്മ അത് നഷ്ടപ്പെട്ടു പോയ ആ സഭയിൽ നിന്ന് പിന്മാറിപ്പോയ ചിലരുടെ നിഴലാണ് എന്നാ പറയാം അവള് വിളക്ക് കത്തിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ആ സഭ അന്വേഷണം ആരംഭിക്കുകയും നഷ്ടപ്പെട്ട ആളുകളെ കണ്ടെത്തി കാണാതെ പോയ ആ ദ്രഹ്മയെ കൂട്ടത്തിലേക്ക് മടക്കി കൊണ്ടുവരികയും ചെയ്തു അതിനെ ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞതെന്തെന്ന് ഈ മൂന്ന് ഉപമകളെയും ഒരു പാവിയുടെ മാനസാന്തരം ആദ്യമായുള്ള മാനസാന്തരം എന്ന് വ്യാഖ്യാനിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ മൂന്ന് ഉപമകളെയും സഭയിൽ നിന്ന് സഭയിൽ അംഗങ്ങളായിരുന്നു അങ്ങനെ ഇരിക്കെ പിന്മാറിപ്പോയി അവിടെ നിന്ന് മടക്കി കൊണ്ടുവരുന്ന ആളുകളുടെ മേലായിട്ടും നമുക്ക് ഈ മൂന്നുപമകളെയും കാണാൻ കഴിയും അപ്പോൾ ഇത് നമുക്ക് തരുന്ന വലിയൊരു പ്രത്യാശയുണ്ട് പ്രിയപ്പെട്ടവരെ സഭയിലായിരിക്കന്നെ മനസ്സുകൊണ്ടോ ഒരുപക്ഷെ തൂർത്തപുത്രനെ പോലെ സഭ വിട്ടുപോയിട്ടുണ്ടാവുകയില്ല പക്ഷെ സ്വയനീതീകരണക്കാരായി മാറുകയോ മറ്റോ ചെയ്താലും പിതാവെന്താ ആ മൂത്തപുത്രനെ തേടി പുറത്തേക്ക് വന്ന് അവനോട് അപേക്ഷിച്ചു എന്ന് നമ്മൾ കണ്ടതുപോലെ നമ്മെക്കുറിച്ച് ആ നിലയില് ചിന്തയുള്ളവനാണ് നമ്മുടെ പിതാവ് യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ തന്നെ പിന്മാറിപ്പോയി നാടുവിട്ടു പോയാലും അവന് വീണ്ടും സഭയിലേക്ക് മടങ്ങി വരാൻ എന്നുള്ളതാണ് തൂർത്തപുത്രൻ്റെ ഉപമ കാണിക്കുന്നത് ആ അതുപോലെ തന്നെ പിന്മാറി നഷ്ടമായി പോയ ദ്രഹ്മയെ പോലെ കാണാതെ പോയാലും അതിന് മടങ്ങി മറ്റു ദ്രഹ്മകളുടെ കൂട്ടത്തിലേക്ക് മടങ്ങി വരാൻ കഴിയും സഭയിലേക്ക് മടങ്ങി പിന്മാറ്റത്തിൽ നിന്നും മടങ്ങി വരാൻ കഴിയും എന്നതിനെ കാണിക്കുന്നതാണ് ആ ദ്രഹ്മയുടെ ഉപമയെന്നും അതുപോലെ തൊണ്ണൂറ്റി ഒൻപതിൽ നിന്നും മാറിപ്പോയാലും മടങ്ങി വരാനായിട്ട് കാണാതെ പോയ ആടിന് കഴിയും എന്നുള്ളതാണ് അത് കാണിക്കുന്നതെന്നും നമുക്ക് ചിന്തിച്ചാൽ സഭയിലുള്ള നമ്മുടെ കാര്യത്തിലും ദൈവം പിന്മാറ്റക്കാരെ പുകഞ്ഞുകുള്ളി പുറത്ത് എന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ അവരോട് ക്ഷമയോടെ സ്നേഹത്തോടെ പെരുമാറുന്നു എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും ഈ പത്ത് ദ്രഹ്മയുടെ ഉപമയെ വേറൊരു തരത്തിൽ വ്യാഖ്യാനിക്കാറുണ്ട് ഈ സ്ത്രീയുടെക്ക് പത്ത് ദ്രഹ്മയാണ് ഉണ്ടായിരുന്നത് പതിനഞ്ചാമത്തെ അധ്യായം ലൂക്കോസ് പതിനഞ്ചിന്റെ നാലിൽ അങ്ങനെ പറയുന്നു ഈ പത്ത് ദ്രഹ്മ പത്ത് കൽപ്പനകളെ കാണിക്കുന്നു ഇവളെ ഈ ദ്രഹ്മ നഷ്ടപ്പെട്ട ആ സ്ത്രീയെ ഒരു ഒറ്റ വിശ്വാസിയുടെ നിഴലായിട്ട് നമ്മൾ കാണുകയും ഇതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്താൽ അവൾക്ക് എന്ത് അവൾ ആ പത്ത് കൽപ്പനകളിൽ ഒരു കൽപ്പന അവളെ സംബന്ധിച്ചിടത്തോളം നഷ്ടമായി പോയി അല്ലെങ്കിൽ ഒരു കൽപ്പന അവൾ അവള് ലംഘിച്ചു അങ്ങനെ വന്നാൽ എന്താ അങ്ങനെ വന്നാൽ പിന്നെ അവൾക്ക് ഈ ഒൻപത് ദ്രഹ്മകളുള്ള മാല ഇടാനായിട്ട് കഴിയുമോ ഇല്ല കാണുന്നവർക്കെല്ലാം മനസ്സിലാകും ഉദാഹരണത്തിന് ഏഴാമത്തെ ദ്രഹ്മയാണ് ഇതിൽ കാണാതെ പോയതെങ്കിൽ ആളുകൾക്ക് മനസ്സിലാകും ഇവളെന്ത് ചെയ്തു ഏഴാമത്തെ കൽപ്പന ലംഘിച്ചവളാണ് ചുരുക്കത്തിൽ ആ ദ്രഹ്മകളിൽ പത്ത് ദ്രഹ്മകളിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ആ ദ്രഹ്മകൾ അടങ്ങിയ മാല അവൾക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയാതെ പോകും ഇതൊരു വിശ്വാസിയുടെ നില എടുത്ത് അങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഈ കാര്യത്തിൽ നമുക്ക് എടുക്കാവുന്ന ഒരു പാഠം നമുക്ക് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു പൂർണതയുണ്ട് പത്ത് കൽപ്പനകൾ ഒരു പൂർണതയെ കാണിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നാം ചെറുതും വലുതുമായ എല്ലാ ദൈവകൽപ്പനകളും പാലിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മളത് ചെയ്യുന്നില്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ദ്രഹ്മ്യാണ് നഷ്ടപ്പെട്ടതെങ്കിലും അയ്യോ ആ ഒന്നല്ലേ നഷ്ടപ്പെട്ടുള്ളൂ സാരമില്ല ബാക്കി ഒമ്പതെണ്ണം ഉണ്ടല്ലോ എന്നൊരു തൃപ്തിയോടെ പോകാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല നമ്മളാ കാണാതെ പോയ ആ കാര്യത്തിനായിട്ട് നമ്മൾ ഒരു ഉത്സാഹം ഉണ്ടാകണം നമ്മൾ എന്ത് വേണം വിളക്ക് കത്തിച്ച് അടിച്ചു വാരി ഒരു ശുദ്ധീകരണം ഉണ്ടാവണം പതിനഞ്ചിന്റെ എട്ടാമത്തെ വാക്യത്തിൽ അവളെ അങ്ങനെയാണ് വായിക്കുന്നത് അവള് അതിസൂക്ഷ്മതയോടെ ആ വിളക്ക് കത്തിച്ച് കാണാതെ പോയത് അടിച്ചു വാരി കണ്ടുകിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിച്ചു എന്ന് പറയുമ്പോൾ നഷ്ടമായി പോയ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിലയിൽ നമുക്ക് വരാൻ പറ്റിയില്ല ഏതെങ്കിലും ചെറിയ കാര്യങ്ങളിലാണ് നമ്മൾ തെറ്റിപ്പോയത് ആ ബ്രഹ്മകളാണ് വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് എന്ന് വന്നാലും ഓ സാരമില്ല എന്ന് പറഞ്ഞ് ഒരു അലസത പാടില്ല നമ്മൾ അതിനായിട്ട് ആ പത്തിൽ പത്തും നമ്മുടെ കയ്യിലുണ്ടാവണം അതിനായിട്ടുള്ള ഒരു ആഗ്രഹവും അതിനായിട്ട് ദൈവത്തെ നിരന്തരം അന്വേഷിക്കുന്ന ഒരു മനോഭാവവും നമുക്കുണ്ടാകണമെന്നുള്ളതും ഈ ദ്രഹ്മയുടെ ഉപമയിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവർ പൗലോസ ഈ കാര്യം പറയുന്നുണ്ട് ഫിലിപ്പിയർ കഴിഞ്ഞ ലേഖനം മൂന്നാമധ്യായം അതിൻ്റെ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളിലാണ് താനത് പറയുന്നത് അതായത് ഏതെങ്കിലും തനിക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായോ എന്നോ അല്ല ഞാൻ ക്രിസ്തുവേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്ന കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ എന്നിട്ട് അതിൻ്റെ പതിനഞ്ചിൽ പറയുന്നു നമ്മൾ തികഞ്ഞവർ ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊടുക്കാം പൗലോസിന്റെ ജീവിതത്തിൽ നോക്കിയാൽ താൻ എല്ലാ കല്പനകളും ഒക്കെ പാലിക്കുന്നവനാണ് ആർക്കും ഒരു കുറ്റവും പറയാനില്ല എന്നാൽ ഈ പത്ത് കല്പനകള് പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ സൂക്ഷ്മമായ തലങ്ങളിൽ എല്ലാ നിലയിലും വാക്കിലും വിചാരത്തിലും മനോഭാവങ്ങളിലും പ്രവർത്തനങ്ങളിലും എല്ലാം നമ്മൾ ആ നിലയിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടാനായിട്ടാണല്ലോ നമ്മളെ വിളിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു കാഴ്ചപ്പാടോടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ചില ദ്രമകള് കാണാതില്ല കാണാനില്ല നമുക്ക് നഷ്ടമായി പോയി അല്ലെങ്കിൽ നമ്മുടെ പക്കൽ അത് ഇല്ല എന്ന് നമ്മൾ കണ്ടെത്തും നമ്മൾ തികഞ്ഞവരല്ല ഏർ എന്ന് നമ്മൾ കണ്ടെത്തി നമ്മൾ എന്ത് ചെയ്യും നമ്മൾ വീണ്ടും ക്രിസ്തുവേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നോണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ക്രിസ്തുവിനെ അന്വേഷിക്കും എന്ന് പൗലോസ് പറഞ്ഞതുപോലെ നമ്മളും എന്ത് വേണം നമ്മൾ നിരന്തരം വിശുദ്ധിക്കായിട്ടുള്ള ഒരു നിരന്തരമായ അന്വേഷണം ഉണ്ടാകണം നമ്മൾ തികഞ്ഞവരൊക്കെയും അങ്ങനെ തന്നെ ചിന്തിച്ചു മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നമ്മൾ ചിലപ്പോൾ തികഞ്ഞവരായിട്ട് തോന്നും ഒരു തെറ്റും പറയാനില്ല പക്ഷെ നമുക്കറിയാം ആന്തരികമായിട്ട് നമുക്ക് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് ചേർത്ത് ചിന്തിക്കുമ്പോൾ ചില ദ്രഹ്മകളില്ല ആ ദ്രഹ്മകൾ കണ്ടുകിട്ടും വരെ നമ്മൾ സൂക്ഷ്മതയോടെ വിളക്ക് കത്തിച്ച് അതിനായിട്ട് ഒരു മനോഭാവം നമുക്ക് വേണം ഇതാണ് ക്രിസ്തീയ ഓട്ടക്കളത്തിൽ നിരന്തരം ഓടുന്ന അനുഭവം എന്ന് പറയുന്നത് ഇതാണ് അല്ലാതെ തൃപ്തിയായി പോയാൽ ഓട്ടം നിന്നുപോയി അതിനു പകരം ഓ കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുതൽ വിശുദ്ധിയിൽ എനിക്ക് മുന്നേറണം എന്ന് പറഞ്ഞ് അതിനായിട്ട് ആ ദ്രഹ്മയോടെ എനിക്ക് നേടണം എന്ന് പറഞ്ഞ് ആ ദ്രഹ്മ അന്വേഷിക്കുന്ന ആ ഒരു മനോഭാവം വാക്കില് കൂടുതൽ കർത്താവിനെ പോലെ പെരുമാറ്റത്തിൽ കൂടുതൽ കർത്താവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെട്ട് ചിന്തയില് ആ നിലയിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധിയിലേക്ക് ഇങ്ങനെ ഒരു ലക്ഷ്യം വെച്ച് നമ്മൾ പോകുമ്പോഴാണ് നമ്മൾ ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് അതിന് പകരം നമ്മുടെ മനസ്സിൽ ഈ ഒരു താല്പര്യം നിന്ന് നമ്മൾ എന്ത് പോയി എന്ത് ഓട്ടം നിർത്തിപ്പോയി ഒന്ന് കോരിന്ത അധ്യായത്തിൽ നമ്മളെ ഈ കാര്യം കാണുന്നുണ്ടല്ലോ അവിടെ ഓട്ടക്കളത്തില് എല്ലാവരും അതിന്റെ ഇരുപത്തിനാലാമത്തെ വാക്യം എന്താ ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു എങ്കിലും നമ്മൾ എന്ത് വേണം വിരുത് പ്രാപിക്കാൻ തക്കവണ്ണം നമ്മൾ ഓടണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു തൃപ്തി ഉണ്ടാകരുത് നമ്മൾ നിരന്തരം ആ ഒരു പൂർണതയിലേക്ക് പത്തിൽ പത്ത് ദ്രമ്യയും നമ്മുടെ കൈവശം ഉണ്ടാകണം എന്നൊരു പൂർണ്ണത ലക്ഷ്യമാക്കി നമ്മൾ നിരന്തരം അതിനായിട്ട് കർത്താവിനെ അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ ഈ ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു അന്വേഷണം നിന്നുപോയാൽ നമ്മൾ എന്ത് ഓട്ടം നിർത്തിപ്പോയി പ്രിയപ്പെട്ടവരെ അത് ഉണ്ടാകരുത് നമ്മൾ നിരന്തരം കർത്താവിനെ അന്വേഷിക്കുകയും ആ ഒരു പൂർണതയ്ക്കായിട്ട് കർത്താവിൻ്റെ സ്വഭാവത്തോടെ അനുരൂപപ്പെടുക എന്ന ലക്ഷ്യം വെച്ച് ആഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യാൻ ഈ സ്ത്രീയെ കാണാതെ പോയ ദ്രമയ്ക്കായിട്ട് ഈ നിലയിലെ സൂക്ഷ്മതയോടെ അന്വേഷിച്ച ഉപമ നമ്മളെ അതിനായിട്ട് ഉത്സാഹിപ്പിക്കുന്നു നമ്മളെ അതിനായിട്ട് വെല്ലുവിളിക്കുന്നു ലൂക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തില് നമ്മൾ കാണാതെ പോയ ആടിന്റെയും കാണാതെ പോയ ദ്രഹ്മയുടെയും ആ ഉപമകള് നമ്മള് വിശദമായിട്ട് പറഞ്ഞല്ലോ ഇനി ഒടുവിലായിട്ടുള്ളത് അതിൻ്റെ പതിനൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിലെ ധൂർത്തപുത്രന്റെ ഉപമ അല്ലെങ്കിൽ മുടിയൻപുത്രന്റെ ഉപമ എന്ന് പറയുന്ന ആ പ്രശസ്തമായ ഉപമയാണ് പറയുന്നത് അത് നമ്മൾ പല നിലയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ബൈബിളിലെ പുതിയ നിയമത്തിലെ കർത്താവ് പറഞ്ഞ ഏറ്റവും പ്രശസ്തമായ ഒരു ഉപമ ഇതാണെന്ന് തോന്നുന്നു പല കാര്യങ്ങളും നമുക്കറിയാം എങ്കിലും അതുമായി ബന്ധപ്പെട്ട വളരെ കൊച്ചു കൊച്ചു ചില കാര്യങ്ങൾ പറഞ്ഞ് ഒടുവിലായിട്ട് നമുക്കും പ്രസക്തമായിട്ടുള്ള ഒരു ചിന്ത പറഞ്ഞ് നമുക്ക് ഈ ആലോചനകൾ അവസാനിപ്പിക്കാം എന്ന് കരുതുന്നു പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ കണ്ടോ രണ്ട് പുത്രന്മാരിൽ ഇളയവൻ വന്ന അപ്പനോട് അപ്പ എനിക്ക് വസ്തുവിൽ വരേണ്ടുന്ന പങ്ക് തരണം എന്ന് പറയുന്നു ഇവിടെ സത്യത്തിൽ അങ്ങനെ അവൻ ആവശ്യപ്പെടാനായിട്ട് പാടില്ല കാരണം യഹൂദന്മാരുടെയും റോമരുടെയും നിയമം അനുസരിച്ചിട്ട് പിതാവ് സ്വത്ത് ആ തന്നെ ജീവിച്ചിരിക്കുമ്പോ ആ നിലയിൽ വിൽക്കാനോ അല്ലെങ്കിൽ മക്കൾക്ക് വിഭജിച്ചു കൊടുക്കാനോ ഉദ്ദേശിക്കപ്പെട്ടിട്ടില്ല ഒരു മകൻ വന്ന് അപ്പ എനിക്ക് എൻ്റെ വീതം വേണമെന്ന് പറഞ്ഞാൽ അത് മറ്റൊരാളാവിൽ പറയുന്നത് പിതാവേ നീ മരിക്കണം മരിക്കുമ്പോഴാണ് സ്വത്ത് മകന് കിട്ടുന്നത് എന്നാൽ ജീവിച്ചിരിക്കെ ഈ അപ്പൻ്റെ മുഖത്ത് നോക്കി അപ്പാ നീ മരിക്കണം എന്നാണ് ഒരളവിൽ ഈ ഇളയ പുത്രൻ പറഞ്ഞത് നോക്കുക അവൻ്റെ ആ മത്സരത്തിൻ്റെ മനോഭാവം അതുപോലെ തന്നെ യഹൂദ നിയമം ആൺമക്കൾക്ക് മാത്രമാണ് സ്വത്ത് കൊടുക്കേണ്ടത് പെൺമക്കൾക്ക് ആ സ്വത്തിന് അവകാശമില്ല അയോബിൻ്റെ പുസ്തകം നാൽപ്പത്തിരണ്ടിൻ്റെ പതിനഞ്ച് യോബ് തൻ്റെ പെൺമക്കൾക്കും സ്വത്ത് വിഭജിച്ചു കൊടുത്തു എന്ന് പറയുന്നത് ഒരു അപവാദമാണ് സാധാരണ യഹൂദന്മാരുടെ ഒരു രീതിയല്ല ഈയോബ് നീതിബോധമുള്ള ആളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് പെൺമക്കൾക്കും താൻ സ്വത്ത് കൊടുത്തു എന്ന് ഈയോബ് നാൽപ്പത്തി രണ്ടിൻ്റെ പതിനഞ്ചിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ സ്വത്ത് വിഭജിക്കുമ്പോൾ മൂത്ത മകനെ ഇരട്ടിപ്പങ്കു കൊടുക്കണം ഇളയ മകനുള്ളതിനേക്കാൾ ഇരട്ടിപ്പങ്ക് കൊടുക്കണം ആവർത്തന പുസ്തകം ഇരുപത്തൊന്നിൻ്റെ പതിനേഴിൽ ആ കാര്യം പറയുന്നുണ്ട് ആവർത്തനം ഇരുപത്തൊന്ന് പതിനേഴ് അങ്ങനെ ഒരു സ്വത്ത് വിഭജിക്കുമ്പോൾ പല കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഈ മകൻ വന്ന് അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് പിതാവിന് അത് നിഷേധിക്കാമായിരുന്നു എന്നാൽ പിതാവ് എന്തു ചെയ്തു ആ മകനോടുള്ള സ്നേഹത്തെ പ്രതി അവൻ്റെ നിർബന്ധത്തെ പ്രതി അവന് ആ അത് വിഭജിച്ച് കൊടുക്കുന്നതാണ് കാണുന്നത് നമുക്ക് തുടർന്നുള്ള സംഭവങ്ങളറിയാം അവനെന്ത് ചെയ്തു അവന് മറ്റൊരു ദേശത്ത് ചെന്ന് പതിനഞ്ചിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ച വസ്തു നാനാവിധമാക്കിക്കളഞ്ഞു നാനാവിധം നാനാവിധമെന്ന് വെച്ചാൽ അത് മുഴുവൻ അവിടെ നാനാവിധമെന്ന് പറയുന്ന ആ പ്രയോഗത്തിൻ്റെ മൂലഭാഷയിലുള്ള വാക്ക് മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്താറിൽ ഉപയോഗിക്കുന്നുണ്ട് മർക്കോസ് അഞ്ചിൻ്റെ ഇരുപത്താറെ എന്താ പറയുന്നത് അത് രക്തസ്രവക്കാരി സ്ത്രീയുടെ കാര്യം പറയുന്നതാണ് രക്തസ്രവക്കാരി സ്ത്രീയെ പല വൈദ്യന്മാരാലും ഏറിയൊന്നു സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചിലവഴിച്ചിട്ടും എന്ന് പറയുന്ന തനിക്കുള്ളതൊക്കെയും ചിലവഴിക്കുക എന്ന് പറയുന്ന ഇടത്ത് ഉപയോഗിച്ചേക്കുന്നത് പതിനഞ്ച് പതിമൂന്ന് ലൂക്കോസ് പതിനഞ്ച് പതിമൂന്നിൽ നാനാവിധമാക്കി എന്ന് പറഞ്ഞേക്കുന്ന അതേ വാക്കാണത്രെ അവൾ എന്തു ചെയ്തു രക്തസ്രാവക്കാരി സ്ത്രീ തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചു എന്ന് പറഞ്ഞതുപോലെ അവൾക്ക് പിന്നെ ഒന്നുമില്ല എന്ന് പറഞ്ഞതുപോലെ ഇവനെന്ത് ചെയ്തു തനിക്കുള്ളതൊക്കെയും നാനാവിധമാക്കി കളഞ്ഞു നോക്കുക എത്ര വേഗത്തിൽ അവൻ പിതാവിൽ നിന്ന് കിട്ടിയ ആ അനുഗ്രഹത്തെ കളഞ്ഞു നമുക്ക് ആ കാര്യങ്ങളെല്ലാം അറിയാം തുടർന്ന് കഠിനക്ഷാമം വന്നതും അവനെ മുട്ടു വന്ന് തുടങ്ങി മുട്ടുവന്നു തുടങ്ങി എന്ന പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്നത് അവനൊരു നീടിലേക്ക് വന്നു അവൻ ഈ നീട് പ്രിയപ്പെട്ടവരെ ആ കഠിനക്ഷാമമാകട്ടെ അവൻ്റെ വസ്തുവകൾ നഷ്ടമായതാകട്ടെ ഒക്കെ അവനെ ഒരു നീടിലേക്ക് നടത്തി അതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു വാക്ക് നമ്മളെയും നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇന്നത്തെ ഇതുപോലെ ഒരു മഹാമാരി ഇതൊക്കെ നമ്മളെയും ഈ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളെ ഒരു നീടിലേക്ക് ഒരു ആവശ്യബോധത്തിലേക്ക് നയിക്കണം ഇവനെന്ത് ഇവനെന്ത് സംഭവിച്ചു ഇവന് സംഭവിച്ച ഈ തിരിച്ചടികളൊക്കെ അവനെ ക്രമേണ ക്രമേണ ഒരു ആവശ്യബോധത്തിലേക്കും ഒരു സുബോധത്തിലേക്കും കൊണ്ടുവന്നു പതിനേഴാമത്തെ വാക്യം അവിടെ എന്താ കാണുന്നത് അവന് ഒരു സുമോ സുബോധം വന്നു കെയിം ടു ഹിസ് സെൻസസ് എന്നാ പറയുന്നത് അപ്പൊ ശരിക്ക് ദൈവത്തെ വിട്ടു പോകുന്ന ഒരുവനെ നമുക്ക് എന്താ പറയാവുന്നത് അവൻ്റെ ബോധം പോയെന്നാ പറയാവുന്നു ഒരുത്തൻ കർത്താവിലേക്ക് മടങ്ങി വന്നാൽ അല്ലെങ്കിൽ ഒരുവൻ രക്ഷിക്കപ്പെട്ടാൽ അല്ലെ ഒരു പിന്മാറ്റക്കാരൻ മടങ്ങി വന്നാൽ നമുക്ക് അവനെ പറയാൻ കഴിയുന്നത് എന്താ അവന് സുബോധം വന്നു എന്നാണ് നമുക്ക് പറയാനായിട്ട് കഴിയുന്നത് പതിനഞ്ചിൻ്റെ പതിനേഴാമത്തെ വാക്യം എന്നിട്ട് അവൻ എന്തു ചെയ്യുന്നു അവൻ വന്നിട്ട് അതിൻ്റെ പതിനാറാമത്തെ വാക്യം വളരെ വേഗത്തിൽ നമ്മൾ നമുക്കറിയാവുന്ന ഈ ഉപമയിലൂടെ കടന്നു പോവുകയാണ് പതിനെട്ടാമത്തെ വാക്യത്തിൽ അവൻ പറയുന്നു ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട് അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു ഇനിയും നിൻ്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു അവിടെ மலையாள ட்ரான்ஸ்லேட்டுப்போ விட்டு போய ஒரு வாக்கு ஞானெழுந்தேட்டு அப்பன் அடுக்கல் செல்லது இங்கிலீஷில் நம்ம வாய்க்கும்போன் எழுந்தேற்று எப்பன் அடுக்கல் சென்று அல்ல சொந்த அப்பன் அடுக்கல் சென்று அப்பனோடுள்ள ஆ ஒரு அடுப்பம் அது காணிக்கணும் ஒரு பிரயோகமான எப்படின் കണ്ടു അവന് സുബോധം വന്നു അവനൊരു ആവശ്യബോധത്തിലേക്ക് വന്നു സുബോധം വന്നു അവൻ അപ്പനോട് കൂടുതൽ സ്നേഹം എൻ്റെ അപ്പൻ എന്നൊരു അവകാശബോധത്തിലേക്ക് അവൻ വരുന്നു അതിനെ തുടർന്ന് അവൻ പറയുന്നു ഞാൻ അപ്പൻ്റെ അടുക്കൽ ചെന്ന അപ്പനോട് പറയും അപ്പ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു ഇനി നിൻ്റെ മകൻ എന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല മറിച്ച് നിൻ്റെ കൂലിക്കാരിൽ ഒരുത്തിനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞ് അവൻ ചെല്ലുന്നു അപ്പോൾ അതിൻ്റെ ഇരുപതാമത്തെ വാക്യം അവൻ എഴുന്നേറ്റ അപ്പൻ്റെ അടുക്കലേക്ക് പോയി അപ്പനെന്താ ചെയ്യുന്നത് നമുക്കറിയാം അപ്പൻ കാത്ത് നിൽക്കുക അപ്പനീ നഷ്ടപ്പെട്ടു പോയ പിന്നാലെ പോകുന്നില്ല പിന്മാറ്റക്കാരനായ മകൻ്റെ പിന്നാലെ പോകുന്നില്ല എന്നാൽ ഉള്ളിൽ ഒരാഗ്രഹത്തോടെ അവൻ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു വരും എന്ന വലിയ പ്രതീക്ഷയോടെ വീട്ടിൽ തന്നെ കാത്തു ചെയ്യുന്നത് കാത്തുനിന്ന അപ്പൻ അവൻ ദൂരത്തുനിന്ന് കടന്നു വരുന്ന കണ്ടിട്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു ഓടിച്ചെന്നു എന്ന് പറയുന്നത് നമുക്കറിയാം എന്തിനാ ഓടിച്ചെന്നത് ഓടിച്ചെന്നത് ആവർത്തന പുസ്തകം ഇരുപത്തൊന്നിന്റെ ഇരുപതിനോട് ചേർത്ത് വായിക്കുമ്പോൾ മത്സരി ഷടനുമായ ഒരു മകനെ ആളുകൾക്ക് കല്ലെറിയാം ഇവൻ തിരിച്ചു വരുമ്പോ ഇവൻ മത്സരയിൽ ഷടനുമായിട്ടാണ് പോയത് അപ്പനെ തള്ളിപ്പറഞ്ഞാൽ പോയതെന്ന് ആളുകൾക്കറിയാവുന്നുകൊണ്ട് ഇവനെ ഇവനേ പക്ഷേ ആളുകൾ കല്ലെറിഞ്ഞെങ്കിലോ എന്ന് പേടിച്ചാവണം ഈ പിതാവ് ഓടിച്ചെന്നു ഓടിച്ചെന്നു ഇവിടെ ഓടിച്ചെന്നു എന്ന പ്രയോഗം വളരെ യുണീക്കായ അതുല്യമായ ഒരു പ്രയോഗമാണെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത് കാരണം ബൈബിളിൽ മുഴുവൻ ബൈബിളിലും ദൈവത്തോട് ബന്ധപ്പെടുത്തി ഓടിച്ചെന്നു അല്ലെങ്കിൽ വേഗത്തിൽ എന്ന് മറ്റൊരു പ്രയോഗമില്ല ഞാൻ പറഞ്ഞത് വ്യക്തമായോ ഈ ഇത് ദൈവത്തോട് ബന്ധപ്പെടുത്തി പറയുന്നതാണ് ഈ പിതാവിന്റെ അനുഭവം അപ്പൊ ബൈബിളിൽ മുഴുവൻ ബൈബിളിലും ദൈവത്തോട് ബന്ധപ്പെടുത്തി ദൈവം ഓടിയെന്നോ ദൈവം വേഗത്തിൽ പോയെന്നോ പറയുന്ന മറ്റൊരു ഭാഗമില്ല ഇവിടെ മാത്രമേ ഉള്ളൂ കണ്ടോ പിതാവിന്റെ സ്നേഹം വ്യക്തമാക്കുന്ന എന്നിട്ട് പിതാവ് എന്തോ ചെയ്യുന്നു പിതാവ് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു അവൻ പറയാനിരുന്ന നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയാനിരുന്നത് അവനെ കൊണ്ട് പറയിപ്പിച്ചില്ല ഇരുപത്തൊന്നാം വാക്യവും നമ്മൾ നോക്കുമ്പോൾ അവനാ പ്ലാൻ ചെയ്തതുപോലെ കൂലിക്കാരിൽ ഒരുത്തിനെ പോലെ ആക്കണമേ എന്ന് പറയാൻ പിതാവ് അനുവദിച്ചില്ല എന്തുകൊണ്ടാ അത് പറയുന്നതിന് മുമ്പ് തന്നെ പിതാവ് അവൻ്റെ അധരങ്ങളെ ചുംബനം കൊണ്ട് മൂടിയിരിക്കും ഈ പിതാവ് ചെയ്ത കാര്യങ്ങള് പത്ത് കാര്യങ്ങളാണ് പിതാവ് ചെയ്തത് എന്ന പറയാറുണ്ട് ഏർ പിതാവ് ആ അവനെ പിതാവ് അവനെ കണ്ടു പിന്നെ പിതാവിൻ്റെ മനസ്സലിഞ്ഞു മൂന്നാമത് പിതാവ് ഓടിച്ചെന്നു നാലാമത് പിതാവ് ചുമനം ചെയ്തു അഞ്ചാമത് പിതാവ് ക്ഷമ കൊടുത്തു ആ പിതാവ് അവനൊരു പുതിയ അങ്കി കൊടുത്തു ഏഴാമത് അവൻ്റെ കൈക്ക് മോതിരം കൊടുത്തു എട്ടാമത് അവന് ചെരുപ്പ് കൊടുത്തു ഒമ്പതാമത് അവന് വേണ്ടി വലിയ വിരുന്നൊരുക്കി പത്താമത് ആനന്ദിച്ചു തുടങ്ങി നോക്കുക പിതാവിന്റെ സ്നേഹം ഈ പിതാവ് ഈ ധൂർത്തപുത്രനോട് ആ നിലയിൽ മടങ്ങി വന്ന മകനോട് ആ നിലയില് സ്നേഹത്തോടെ പെരുമാറി മാത്രമല്ല മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ ആ മൂത്ത അവനും പുറത്തു അവന്റെ അടുത്തേക്ക് ചെന്നു ഏർ അവന് വലിയ ആവശ്യബോധമൊന്നുമില്ലായിരുന്നു അവൻ സ്വയനീതീകരണക്കാരനായിരുന്നു ഈ രണ്ട് പുത്രന്മാരെ നമ്മളോട് താരതമ്യം ചെയ്താൽ നമ്മൾ വീട് വിട്ടുപോയി അന്യദേശത്ത് ചെന്ന് തൂർത്തടിച്ച് ജീവിച്ച തൂർത്തപുത്രനോടല്ല നമുക്ക് കൂടുതൽ സാമ്യമുള്ളത് നമുക്ക് കൂടുതൽ സാമ്യമുള്ളത് ആരോടാ ഈ വീട്ടിൽ തന്നെ കഴിഞ്ഞു പക്ഷെ മനസ്സുകൊണ്ട് സ്വയനീതീകരണക്കാരനായിട്ടും മറ്റുള്ളവരെ വിധിക്കുന്നവരായിട്ടും ഒക്കെ മാറിപ്പോയ ആ മൂത്തപുത്രനോടാണ് നമുക്ക് കൂടുതൽ സാമ്യം എന്നെനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് പക്ഷേ സഹോദര സഹ സഹോദരി നമ്മൾ അങ്ങനെ ആയിപ്പോയാലും ആ മൂത്തപുത്രനെ തേടിയും പിതാവ് പുറത്തേക്ക് വന്നെന്നും അവനോട് അപേക്ഷിച്ചെന്നും നമ്മൾ വായിക്കുന്നു ഇരുപത്തി വാക്യം അങ്ങനെയെങ്കിൽ നമ്മളോടും പിതാവിൻ്റെ സ്നേഹം ഓർക്കുക തൂർത്തടിച്ച് വന്ന ആളിനോട് മാത്രമല്ല അവിടെ സഭയിൽ തന്നെ നിന്നു പക്ഷേ ആ ദൈവീകമായ ചൈതന്യം മുഴുവൻ നഷ്ടമായി പോയി സ്വയനീതീകരണക്കാരനും പരീശനും മറ്റുള്ളവരെ വിധിക്കുന്നവനും ഒക്കെയായി ആയി തരം താണാൽ പോലും ദൈവം നമ്മളെയും കൈവിടുന്നില്ല കാര്യം നമ്മളും അവിടുത്തെ മക്കളാണ് എന്നുള്ള ബോധ്യത്തോടെ നമ്മളെയും അനുതാപത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് വലിയ ധൈര്യം നൽകുന്ന ഒന്നാണ് അതുകൊണ്ട് ഈ മൂന്ന് ഉപമകളും പ്രിയപ്പെട്ടവരെ നമുക്ക് വലിയ നൽകുന്നു സ്വർഗത്തിന് നമ്മളെ കൂടാതെ ജീവിക്കാനായിട്ട് കഴിയില്ല എന്ന് തോന്നുമാറും കണ്ടോ ആ നഷ്ടപ്പെട്ടു പോയ ആടിനേ തേടി പോകുന്നു നഷ്ടപ്പെട്ടു പോയ ഒരു ദ്രമയ്ക്കായിട്ട് വിളക്ക് കത്തിച്ച് അന്വേഷിക്കുന്നു നഷ്ടപ്പെട്ടു പോയ വേണ്ടി പിതാവ് ആ നിലയില് താൻ തന്നെ തന്നെ നൽകുന്നു ചിത്രമാണ് നമുക്ക് ഈ സ്നേഹത്തോട് പ്രതികരിക്കാം നമുക്ക് നന്ദിയുള്ളവരായിട്ടായിരിക്കാം ആ പിതാവിന്റെ ഹൃദയത്തെ തൃപ്തിപ്പെടുത്തുന്നവരായിട്ട് നമുക്കായിരിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ